ഇബ്രാഹീം അലിഹുസ്സലാമിനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അവ പൂർത്തിയാക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക അള്ളാഹുസുബഹാനുഹുവത്ത് അയല പറഞ്ഞു തീർച്ചയായും ഞാൻ നിന്നെ ജനങ്ങൾക്കൊരു നേതാവാക്കുകയാണ് അദ്ദേഹം ചോദിച്ചു എന്റെ സന്തതികളിൽ നിന്നും നേതാക്കളെ ഉണ്ടാക്കുമോ അള്ളാഹു സുബഹാനുഹുവറ്റ് പറഞ്ഞു എന്റെ കരാറ് അക്രമികൾക്ക് ബാധകമല്ല